അവനു പുറമേ നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ ചില പേരുകളെ മാത്രമാണ് അതിനല്ലാഹു സുബാനുഹൂവ ത്യാല യാതൊരു തെളിവുമിറക്കിയിട്ടില്ല വിധി അല്ലാഹു സുബഹാനുഹൂവ ത്യാലായിക്കു മാത്രമുള്ളതാണ് അവനെ മാത്രം ആരാധിക്കണമെന്ന് അവൻ കൽപ്പിച്ചു അതാണ് നേരായ മാർഗം എന്നാൽ ഭൂരിഭാഗം ജനങ്ങളും അതറിയുന്നില്ല